അധശ്ദത്തിന്റെ അർത്ഥം അത് സിദ്ധാന്തത്തിൽ സാധന ജ്യോഷ സമ്പത്തി അനന്തരം ഒന്ന് പൂർവ്വ ചോദിക്കുകയാണ് ഇതെന്തുകൊണ്ട് അധികാരാർത്ഥമായി കൂട അധികാരം വെച്ചാൽ ആരംഭം ുന്നു അഥ ശബ്ദത്തിൻ്റെ അർത്ഥം ആരംഭിക്കുക എന്നാവും അതേതിനോട് അന്വേഷിക്കും ബ്രഹ്മജിജ്ഞാസ ഇച്ഛയോടാണ് അന്വേഷിക്കുകയാണെങ്കിൽ ഇച്ഛയാണ് മുഖ്യം ഇവിടെ ഇച്ഛ എന്ന് പറയുന്ന അർത്ഥമാണ് മുഖ്യം അതിനോട് അന്വേഷിക്കുകയാണെങ്കിൽ ഇച്ഛ ആരംഭിക്കുന്നു എന്നു പറയും ആ അർത്ഥം എടുക്കാൻ പറ്റത്തില്ല ഇച്ച അല്ല ഇവിടെ ആരംഭിക്കുന്നത് കാരണം തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ എന്താണ് വിചാരമാണ് അതൊരു അതുകൊണ്ട് ഇച്ഛ ആരംഭിക്കില്ല മറ്റൊരു കാരണം ഇച്ഛ എന്ന് പറയുന്നത് ജാനാതി ഇച്ഛതി അറിവിനെ തുടർന്ന് സംഭവിക്കുന്ന ഒന്നാണ് ഇച്ഛ ഇഷ്ട സാധനത ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു ഇച്ഛ ഉണ്ടാവും അതുകൊണ്ട് ഇച്ഛയെ നമുക്ക് ആരംഭിക്കാൻ പറ്റത്തില്ല സൗന്ദര്യ ജ്ഞാനം കൊണ്ട് ഇച്ഛ ഉണ്ടാവുന്നു അത് ഇച്ഛയൂടെ ആരംഭിക്കാൻ കഴിയത്തില്ല എന്നർത്ഥം പിന്നെ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്ന അടുത്ത് രണ്ടർത്ഥം വരുന്നു ബ്രഹ്മവും ജ്ഞാനവും പിന്നെ വിചാരമെന്ന് പറയുന്ന ഒന്നുണ്ട് വിചാരവും ആരംഭിക്കാൻ പറ്റില്ല കാരണം വിചാരമെന്ന് പറയുന്നത് ജിജ്ഞാസ എന്ന് പറയുന്ന പദത്തിലൂടെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ സൂചിപ്പിക്കുന്ന ഒന്ന് ഇവിടെ അന്വയിക്കാൻ പദാർത്ഥവുമായിട്ട് അന്വയിക്കാൻ പറ്റത്തില്ല അതാണ് വേറെ ദോഷം കാരണം ധാതു ബ്രഹ്മ ജിജ്ഞാസ ഇതൊരു വാക്യമാണ് ഈ വാക്യങ്കത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദബോധം എന്ന് പറയുന്നത് ഒന്നുകിൽ ശബ്ദബോധത്തിൽ വരുന്ന ഒന്നുകിൽ ശക്തിയിലൂടെ ഉണ്ടാകുന്ന അർത്ഥം ഞാൻ അല്ലെങ്കിൽ ലക്ഷണയിലൂടെ ഉണ്ടാകുന്ന അർത്ഥം ഞാൻ അർത്ഥം ഞാനാണ് അവിടെ വരുന്ന പദാർത്ഥത്തെയാണ് പരസ്പരം അന്വയിക്കാവുന്നത് വിചാരം എന്ന് പറയുന്നത് സൂചിതമായ അർത്ഥമാണ് സൂചിതമായ അർത്ഥത്തെ ഇവിടെ അത് ശബ്ദത്തിന്റെ അർത്ഥമായിട്ട് അന്വയിക്കാൻ പറ്റത്തില്ല അപ്പൊ വിചാരം ആരംഭിക്കുന്നു അങ്ങനെ പറയാനും പറ്റത്തില്ല പിന്നെ ജ്ഞാനം പിന്നെ പറയുന്നത് ബ്രഹ്മവും ജ്ഞാനവും ബ്രഹ്മത്തെ ആരംഭിക്കാൻ പറ്റും പറ്റില്ല നിത്യമാണ് അത് ആരംഭിക്കാൻ പറ്റില്ല ാണ് ഞാനാരംഭിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനാരംഭിക്കാൻ പറ്റാത്തത് അത് പ്രമാണജന്യമായ ഒന്നാണ് ഞാൻ ആരംഭിക്കുന്നല്ല പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നു ഞാനുണ്ടാകുന്ന പ്രമാണസിദ്ധമാണ് അതും ആരംഭിക്കാൻ പറ്റും ഇപ്പം മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു ചക്ഷേന്ദ്രിയ പുസ്തകമായിട്ട് സണ്യകക്ഷം ഉണ്ടാകുമ്പോൾ എന്താകുന്നു പുസ്തകം ഞാനും ഉണ്ടാകുന്നു ഇപ്പോൾ പ്രമാണത്തിലൂടെ സിദ്ധമാകുന്നതാണെന്ത് ഞാൻ നമുക്ക് ആരംഭിക്കുക തുടങ്ങാൻ പറ്റിയ ഒന്നല്ല അത് തനിയെ സംഭവിക്കുന്ന പിന്നെ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് മുഖ്യവീച്ച അവിടെ പ്രധാനമായിരിക്കുന്നു പിന്നെ അപ്രധാനമായി വരുന്നതാണ് ബ്രഹ്മവും ജ്ഞാനവും അപ്പോൾ ഒരു നിയമം കൊണ്ട് അത് ശബ്ദം മുഖ്യമായതിലൂടെ അന്വയിക്കാൻ പടരുന്നു അന്വേഷിക്കുമ്പോൾ അപ്പോൾ അഥ ആരംഭിക്കുന്നു എൻ്റെ ഇച്ഛ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബ്രഹ്മവിജ്ഞാനവും അവിടെ വിശേഷണമായതുകൊണ്ട് ഇച്ചയുടെ വിശേഷണമാണ് എന്തിനുള്ള ഇച്ഛ ജ്ഞാനത്തിനുള്ള ഇച്ഛ എന്തിൻ്റെ ജ്ഞാനം ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം അപ്പം വിശേഷീയമായ ഇച്ഛ വിശേഷണമായെന്ത് ബ്രഹ്മവും ഞാനും അപ്പോൾ അധശബ്ദത്തിൻ്റെ അർത്ഥവുമായിട്ട് വിശേഷമായി ചേ അന്വയിക്കാൻ പറ്റും വിശേഷണത്തെ അന്വയിക്കാൻ പറ്റും പറയുന്നു വിശേഷണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് അന്വയിക്കാൻ പാടില്ല അത് അപ്രധാനമായതുകൊണ്ട് പറയുന്നു അങ്ങനെ പറയാൻ പറ്റും വേദത്തിൽ എന്താണ് അപ്രധാനമായതിനെയും അന്വയിക്കുന്നുണ്ട് അതിനാണ് ഉദാഹരണം പറഞ്ഞത് ദണ്ഡി പ്രൈഷൻ അന്വഹി അവിടെ അനുവചനം പ്രൈഷ ഈ രണ്ട് കർമ്മങ്ങളോടും കൂടി അവിടെ അപ്രധാനമായിരിക്കുന്ന അല്ലെങ്കിൽ ദണ്ഡത്തെ അന്വയിക്കും അങ്ങനെ പറയാം അപ്പം അതുപോലെ കൂടി എന്താണ് അപ്രധാനമായ ബ്രഹ്മത്തിനോടും ജ്ഞാനത്തിനോടും അധിയെ അന്വയിക്കാം അപ്രധാനത്തോട് വേദത്തിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്രധാനത്തോട് അന്വയിക്കാം അപ്പോൾ ബ്രഹ്മം ആരംഭിക്കുന്നു ജ്ഞാനം ആരംഭിക്കുന്നു എന്നുവരും പറയുന്നു എന്താണ് ബ്രഹ്മവും ജ്ഞാനയും ജ്ഞാനവും പറയുന്ന അപ്രധാനമാണെങ്കിലും അതാ ഇവിടെ രംഭിക്കുന്നുവെന്ന് വിപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ശരിയല്ല ബ്രഹ്മമീമാംസാ ശാസ്ത്ര പ്രവൃത്തി അംഗ സംശയ പ്രയോജന സൂചനാർത്ഥത്വനെ ജിജ്ഞാസായ പറയുന്നത് ജിജ്ഞാസയാണുള്ള വിവക്ഷണം അപ്രധാനമായ ബ്രഹ്മവും ജ്ഞാനവും അല്ല എന്തുകൊണ്ട് ജിജ്ഞാസ എന്ന് പറയുന്നത് മറ്റു രണ്ട് കാര്യങ്ങളെക്കൂടെ സൂചിപ്പിക്കുന്നുണ്ട് അത് മുഖ്യമാണ് ഏതൊക്കെ സംശയവും പ്രയോജനവും കാരണം എന്ത് എന്തിനു വിചാരം ചെയ്യണം സംശയമുള്ളതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് സംശയം ഉണ്ട് എന്തിനു വിചാരം ചെയ്യണം അത് പ്രയോജനമുള്ളതുകൊണ്ട് ബ്രഹ്മജ്ഞാനം മോക്ഷം ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനമുള്ളതുകൊണ്ട് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ജിജ്ഞാസ എന്ന് പറയുന്ന പദം അപ്പം മുഖ്യമെന്താണ് അതാണ് അതാണ് ബ്രഹ്മം ഈ മാംസാന്ന് വെച്ചാൽ വിചാരിച്ചു വിചാരശാസ്ത്രത്തിൻ്റെ പ്രവൃത്തി അംഗമായി വരുന്ന അംഗമായി വരുന്നെന്താണ് വിചാരം നടത്തണമെങ്കിൽ ഏതെങ്കിലും മുമ്പ് പറഞ്ഞു ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു വിചാരണ എന്ത് വേണം അതിനെക്കുറിച്ച് സംശയം വേണം അതിനെക്കുറിച്ച് പ്രയോജനം വേണം അതിനെ സൂചിപ്പിക്കുന്ന ജിജ്ഞാസത്വം അതുകൊണ്ട് ഇവിടെ മുഖ്യമായിരിക്കുന്ന അർത്ഥം പ്രാധാന്യമുള്ളത് എന്താണ് ജിജ്ഞാസയ്ക്കാണ് അത് മറ്റു രണ്ടർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നതിനോടാണ് അഥ അന്വയിക്കേണ്ടത് കാകന്ധ പരീക്ഷായ പ്രേക്ഷാവൻ പിന്നെ അതാ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവേകികൾ തുടങ്ങുന്ന എന്താണ് ബ്രഹ്മവിചാരം എന്തുകൊണ്ട് തുടങ്ങുന്നു കാരണം ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്ന പതുരണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പ്രയോജനത്തെയും സംശയത്തെയും അപ്പം സംശയമുള്ളതുകൊണ്ട് ബ്രഹ്മവിചാരം ചെയ്യുന്നു പ്രയോജനം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി ബ്രഹ്മവിചാരം നടക്കണമെങ്കിൽ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടെടുത്താലേ പറ്റൂ എന്തുകൊണ്ട് അതാണ് ആ സംശയം സൂചിപ്പിക്കത് അവിവക്ഷായ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതിലൂടെ പ്രാധാന്യമായി വിവക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആണോ തത് സൂചന ഈ രണ്ടെണ്ണം സൂചിപ്പിക്കത്തില്ല ഏതിനൊക്കെ സംശയവും പ്രയോജനവും ്രഹ്മ ജിജ്ഞാസയെ വിവക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സംശയത്തെയും പ്രയോജനത്തെയും ഇവിടെ സൂചിപ്പിക്കത്തില്ല കകദന്ത പരീക്ഷായാമിവ പ്രയോജനമില്ലെങ്കിൽ കാക്കദന്തപരീക്ഷ നേരത്തെ പറഞ്ഞു അതിലാരും പ്രവർത്തിക്കത്തില്ല അത് ബ്രഹ്മവിചാരത്തിനും പ്രവർത്തിക്കത്തില്ല അതിന് പ്രയോജനമില്ലെങ്കിൽ ബ്രഹ്മമീമാംസായം ബ്രഹ്മമീമാംസയിൽ പ്രേക്ഷാവന്ധ പ്രവർത്തകരൽ വിവേകീളതിൽ ൾ ഇതി പ്രവർത്തിക്കണമെങ്കിൽ എന്തുവേണം സംശയ പ്രയോജനത്തെ സൂചിപ്പിക്കണം സൂചിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ബ്രഹ്മമീമാംസയെ പ്രധാനമായി ഉടപോഷിക്കണം എന്നിട്ട് അതിനെ അതി ഉടങ്ങിയിക്കണം ീ ബ്രഹ്മ തജ്ഞാനം അവിധേയ പ്രയോജന ഇവിടെ പറയുന്ന ഇവിടെ ജിജ്ഞാസെ വിഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സൂത്രത്തിൽ ബ്രഹ്മ ജിജ്ഞാസയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അതിന് തദാനിയും അതിനെ വിഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മവാ വിധേയും തജ്ഞാനം പ്രയോജനവും ആകത്തില്ല എന്തുകൊണ്ട് ഇവിടെ ബ്രഹ്മ എന്ന് പറയുന്ന നല്ല വിവക്ഷം ഇച്ഛ നല്ല വിവക്ഷയും ഇതിനെ രണ്ടിനെയും അത് സൂചിപ്പിക്കത്തില്ല ബ്രഹ്മജിജ്ഞാസ അതാണ് തഥാനിയും ജിജ്ഞാസയെ ഇവിടെ വിവക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മപാതജ്ഞാനം വ്രഹ്മത്തിനോട് അഭിധേയത്തെ അന്വയിക്കണം ബ്രഹ്മം വിഷയമാകത്തില്ല തജ്ഞാനം പ്രയോജനമാകത്തില്ല അതാണ് ബ്രഹ്മപാതജ്ഞാനം വ അഭിധേയ പ്രയോജനം ഭയതും അർഹത യഥാസംഖ്യം അന്വേഷിക്കണം ഇവിടെ എന്താണ് വിചാരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വിചാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ്രഹ്മം എന്തായിരിക്കണം വിഷയമായിരിക്കണം ജ്ഞാനം എന്തായിരിക്കണം പ്രയോജനമായി എന്നാലേ പ്രവർത്തിക്കത്തുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് അതാ അതോ ബ്രഹ്മ ജിജ്ഞാസ അതിൽ മുഖ്യമായി വരേണ്ടതാണ് ബ്രഹ്മജിജ്ഞാസയാണ് എന്നർത്ഥം ഇച്ഛയാണ് എന്തല്ല മുഖ്യമായി വരേണ്ടത് ബ്രഹ്മവും ഞാനും അല്ല എന്നർത്ഥം അപ്പൊ ഇവിടെ ബ്രഹ്മം ജ്ഞാനം ഇതാണ് പ്രധാനം അപ്പം ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അദ്വിതീയമായ ആത്മതത്വം അപ്പൊ ഈ വേദാന്തം എന്ന് പറയുന്നത് ഇവിടെ പ്രമാണമായിരിക്കുന്ന എന്തിനാണ് അദ്വിതീയമായ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിനാണ് പ്രമാണമായിരിക്കുന്നത് അതിനാണ് ീ ബോധം ഇതിലൂടെ അറിയുന്ന ആത്മാവ് അഹം എന്ന് തർക്കന്മാരും മറ്റും പറയുന്നു ഈ ആത്മാവിന്റെ കാര്യത്തിൽ വേദാന്തം പ്രമാണമല്ല എന്തുകൊണ്ട് പ്രമാണമല്ല അഹമെന്ന് പറയുന്ന അനുഭവത്തിലൂടെ അറിയുന്ന ആത്മാവിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അഹം എല്ലാവരും മനസിലാക്കുന്നു അത് നേരത്തെ പറഞ്ഞല്ലോ ം യൗവനും വാർധക്യം ഈ അവസ്ഥകളൊക്കെ മാറിയാന്ന് അഹം അനുഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ ആർക്ക് മനസ്സിലാക്കാം ആ അനുഭവത്തിന് ആധാരമായിട്ടൊരു ആത്മാവ് ഉണ്ട് യുക്തിയിലൂടെ മനസ്സിലാക്കാം അതിനുവേണ്ടിയിട്ട് വേദാന്തത്തിൻ്റെ ആവശ്യമില്ല അപ്പം വേദാന്തം പ്രമാണമാവുന്ന എന്താണ് ഇവിടെ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവും തജ്ഞാനവും ജീവാത്മ പരമാത്മ ഏകത്വജ്ഞാനം എന്നാലേ വേദാന്തം പ്രമാണ മാത്രം അനധ്യസ്ഥ അഹം പ്രത്യവിധാനം അർത്ഥ്യ അനുഭവത്തി അനധ്യസ്ഥമായ ആത്മാവെന്ന് പറയുന്നത് എന്താണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ശ്രദ്ധിക്കുന്ന ആത്മാവാണ് അനധ്യസ്ഥമായ ആത്മാവ് ഈ ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് വേദാന്തം പ്രമാണം അല്ല അതിന് പ്രമാണമല്ല അനധ്യസ്ഥ അഹംപ്രത്യ വിരോധേന വേദാന്തം ബോധിപ്പിക്കുന്ന അതല്ല അധ്യസ്ഥമായ എന്താണ് അഹം വേദാന്തം പറയുന്ന അഹംപ്രത്യം അധ്യസ്തമെന്ന് ബോധിപ്പിക്കുകയാണ് അപ്പൊ വേദാന്തം ശരിക്കും എങ്ങനെയാണ് അധ്യസ്തമായ അഹംപ്രത്യത്തിന് വിരോധിയാണ് അനധ്യസ്തമായ അഹംപ്രത്യത്തിന് വേദാന്തം വിരോധിയല്ല എന്തുകൊണ്ട് വേദാന്തം ബോധിപ്പിക്കുന്നത് അഹം പ്രത്യയം അധ്യസ്ഥമെന്നാണ് അനധ്യസ്ഥമായ എന്തുവരുന്നു അത് ഉപനിഷത്ത് സിദ്ധമായ അല്ല പിന്നെയോ യുക്തിസിദ്ധമായ ഒന്നാണെന്ത് അനുഭവസിദ്ധമായ ഒന്നാണെന്ത് അനന്തസ്ത അഹം പ്രത്യം അധ്യസ്ഥ അഹംപ്രത്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് വേദാന്തം പ്രമാണമാവും ഇപ്പോൾ അനധ്യസ്ഥ അഹം പ്രത്യം സത്യമായ അഹംപ്രത്യം അത് ലോകസിദ്ധമാണ് അതിന് വേദാന്തത്തിന്റെ ആവശ്യമുണ്ട് എന്താ അതിന് വേദാന്തത്തിൻ്റെ ആവശ്യ മറിച്ച് വേദാന്തം എന്താണ് പറയുന്നത് അധ്യസ്ഥമായിരിക്കുന്ന അഹംപ്രത്യം എന്ന് ബോധിപ്പിക്കുന്ന പറയുന്നത് അനധ്യസ്ഥ അഹംപ്രത്യവിരോധേന വേദാന്താനാം അനധ്യസ്ഥമായ സത്യമായ അഹംപൃത്യം അതിനെ നിഷേധിച്ചാൽ അതെന്താകും അധ്യസ്ഥമാണ് ആത്മാവെന്നുള്ള അഹംപൃത്യം എന്നുള്ള ബോധം ഉണ്ടാവും അപ്പോ സത്യമായിരിക്കുന്ന അഹംബോധത്തിന് വേദാന്ത വിരോധമെന്ന് പറയാം അല്ലെങ്കിൽ പറയാം എന്താണ് അധ്യസ്ഥമായ ആത്മാവിനെ അഹംപ്രത്യത്തെ ബോധിപ്പിക്കുന്ന വേദാന്തം എന്ന് പറയാം രണ്ടു രീതിയിലും പറയാം ഒന്നെന്ത് പറയാം സത്യമായിരിക്കുന്ന അഹംപ്രത്യം അതെന്നുള്ള ഈ അനുഭവത്തിന് വിരോധമാണെന്ത് വേദാന്തം മറ്റൊന്നെന്ത് പറയാം അധ്യസ്ഥമായ അഹംപ്രത്യം അതിനെ ബോധിപ്പിക്കുന്നാണ് എന്ത് ണ് അഹം പ്രത്യകം എന്ന് ബോധിപ്പിക്കുന്ന എന്താണോ വേദാന്തം അധ്യസ്ഥാത്ത പ്രത്യം അതിന് വിരോധ എന്തുകൊണ്ട് അധ്യസ്ഥ അല്ലാത്ത അഹം പ്രത്യം അനധ്യസ്ഥ അതിന് വിരോധമാണ് വേദാന്തം അഹംപ്രത്യയത്തെ ബോധിപ്പിക്കുന്നു അപ്പൊ രണ്ടുത പറയാം ഒന്നെന്താണ് അധ്യസ്ഥമായ അഹം പ്രത്യയത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു വേദാന്തമാണ് ഈ എന്തു പറയാം അനധ്യസ്ഥമായ അഹം പ്രത്യയത്തിന് നിഷേധിക്കുന്നു രണ്ടു പേരും പറയാം പറയുന്നു അനധ്യസ്ഥാനം വേദാന്തം അങ്ങനെയുള്ളതാണ് അനധ്യസ്ഥയത്തിന് നിഷേധിക്കുന്നു ഏവം വിധേയർഥേ പ്രാമാണ്യുന്നു വിധാർത്ഥം എന്ന് പറഞ്ഞാൽ ആ അനധ്യസ്ഥ അഹം പ്രത്യയത്തിന് വേദാന്തം പ്രമാണമല്ല അതിന് പ്രാമാണ്യമല്ല എന്തുകൊണ്ട് അനധ്യസ്ഥമായ അഹംപ്രത്യം എന്ന് പറഞ്ഞാൽ അനധ്യസ്ഥമായ അഹംപ്രത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യമായ അഹം പ്രത്യയം താർഗീയന്മാരും മറ്റും പറയുന്നു അതിന് വേദാന്തം പ്രമാണമല്ല മറിച്ച് എന്ത് ചെയ്യുന്നു സത്യമായ അഹംപ്രത്യത്തിന് വേദാന്തം വിരോധമാണ് മറിച്ച് ആ വേദാന്തം എന്തിനാ ബോധിപ്പിക്കുന്നത് അധ്യസ്ഥമായ അഹംപ്രത്യത്തിന് ആണ് പറയുന്നത് അനധ്യസ്ഥ അഹംപ്രത്യ വിരോധേന വേദാന്താണ് അനധ്യസ്ഥമായ അഹംപ്രത്യം സത്യമായ അതിന് വിരോധമാണെന്ത് വേദാന്തം അത് ഏവം വിധേയർഥെ എങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രാമാണല്ല അനധ്യസ്ഥമായ അഹംപ്രത്യത്തിൽ അപ്പോ അത് രണ്ടു തരത്തിൽ അന്വേഷിക്കുന്നു അനധ്യസ്ഥമായ അഹംപ്രത്യത്തിന് വിരോധമാണെന്ത് വേദാന്തം എന്ന് അവിടെ അന്വേഷിക്കുന്നു പിന്നെ എന്തു ചെയ്യുന്നു വേദാന്താന ഏവംവിധേ അർത്ഥ പ്രാമാണിയനുഭവത്തെ ഏം വിധേ അർത്ഥം എന്ന് പറഞ്ഞാൽ അനധ്യസ്ഥ മുമ്പിലോട്ട് വീണ്ടും അന്വേഷിക്കണം അനധ്യസ്ഥ അഹം പ്രത്യയത്തിന് എന്ത് പ്രാമാണല്ല എന്തുകൊണ്ട് പ്രാമാണ്യമല്ല അനധ്യസ്ഥമായ അഹം പ്രത്യയത്തിന് അത് വിരോധിയായതുകൊണ്ട് മനസ്സിലായി രണ്ടു കാര്യങ്ങളായി ഒറ്റവാക്യത്തിൽ പറയുന്നു ഒന്ന് പറയുന്നത് എന്താണ് അനധ്യസ്ഥമായ അഹം പ്രത്യയത്തിന് എന്നുവെച്ചാൽ സത്യമായ അഹം പ്രത്യയത്തിന് എന്നുവെച്ചാൽ കർത്തൃത്വഭോക്തൃത്വവാദികൾ കൂടിയ അഹം പ്രത്യയത്തിന് വിരോധിയാണ് അഹംബോധന വിരോധിയാണ് എന്ത് വേദാന്തം അതൊരു കാര്യം പറയുന്നു പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണ് എവം വിധേയത്തെ പ്രാമാണ്യാനുഭവത്തെ ഇത്തരം കാര്യങ്ങളിൽ വേദാന്തം പ്രമാണമല്ല ഏത് കാര്യങ്ങളിൽ അഹം അനധ്യസ്ഥമായ അല്ലെങ്കിൽ സത്യമായ കർത്തൃത്വ ഭോക്തൃത്വ ആദ്യങ്ങളോടുകൂടിയ അഹം പ്രത്യേകത്തിന് വേദാന്തം പ്രമാണമല്ല ഇത് ഇൻ്റെ എന്താണ് പ്രാമാണികന്മാരായ പല വ്യാഖ്യാനും തെറ്റിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഈ ഒരു സെന്റൻസ് മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബന്ധമില്ലാത്ത വ്യാഖ്യാനം ണോ ഹിന്ദി ആരെ എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ തെറ്റിച്ചു യോഗീന്ദ്രാനന്ദസ്കൃതത്തിന് ആഗ്രഹിക്കുന്നു ആശയല്ല ഒരു വലിയ പ്രസിദ്ധനായ ഒരു കാലത്തെ പണ്ഡിതനായിരുന്നു യോഗീന്ദ്രാനന്ദ സ്വാൻ ഖണ്ഡനം ചിസ് എല്ലാത്തിനും ഹിന്ദി വ്യാഖ്യാനം വേണ്ടിയാണ് ആധികാരികമായി കണക്കാക്കുന്നതാണ് പക്ഷെ അദ്ദേഹം ഒരു സംസ്കൃത വ്യാഖ്യാനത്തെ പിന്തുടർന്ന് വ്യാഖ്യാനിച്ച് അപ്പൊ ആ സംസ്കൃത വ്യാഖ്യാനത്തിൽ തെറ്റ് തെറ്റാണ് ആ സെന്റൻസിന്റെ അർത്ഥം രണ്ടു തരത്തിൽ അന്വേഷിച്ച മനസ്സിലാക്കി ആകെ കുഴഞ്ഞു ഉപനിഷത്ത് അനധ്യസ്ഥമായ വിരോധമാണ് അതാണ് ഒരു കാര്യം അതുകൊണ്ട് ഉപനിഷത്ത് അനധ്യസ്ഥമായ ആ പ്രത്യേകത്തിന് പ്രമാണം അല്ല ഈ രണ്ടും ചേർത്ത് രണ്ടു തരത്തിലതിൻറെ അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്താ പറയാൻ കാരണം ഇവിടെ അഭിധേയവും പ്രയോജനവും ആണ് ബ്രഹ്മവും ജ്ഞാനവും ബ്രഹ്മത്തെയാണ് ഇവിടെ വിചാരം ചെയ്യുന്നത് പിന്നെ ബ്രഹ്മജ്ഞാനമാണ് അപ്പം ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോടെ എന്തോരും ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അനധ്യസ്ഥ അഹം പ്രത്യയത്തെയാണ് അഹം പ്രത്യയത്തെ നിഷേധിക്കുന്നു അനധ്യസ്ഥമായ അഹം പ്രത്യത്തെ നിഷേധിക്കുന്നു താർക്കികന്മാരും മറ്റും പറയുന്ന അനധ്യസ്ഥമായ അഹം പ്രത്യയത്തെ നിഷേധിക്കുന്ന ജ്ഞാനമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതാണ് പൊറവും പാമതിയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങോട്ട് അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം പരസ്പര ബന്ധം പിടിയിട്ട് വലിയ വലിയ പോലും കുഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് എന്ത് വേണം ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അത് ആണ് ഇവിടുത്തെ വിഷയത്തെയും പ്രയോജനത്തെ സൂചിപ്പിക്കുന്നത് ആ വിഷയം പ്രയോജനം എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനമാണ് ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അത് അഹംബരത്തെയും അധ്യാസമാണെന്ന് ബോധിപ്പിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് അതിനെക്കുറിച്ചും ഉള്ള വിചാരമാണ് ഇവിടെ ബ്രഹ്മ ജ്ഞാനം അതിനെ കുറിച്ചുള്ള വിചാരമാണ് വേണ്ടതെന്നർത്ഥം കർമ്മപ്രവൃത്തി ഉപയോഗിതയാ ഉപചരിതർ ജപ ഉപയോഗി ഹും അവിക്ഷിതർ അപ്പം സ്വാധ്യായ ഗ്രഹണ സംഭവ അപ്പൊ ഇത് കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് യാതും ബ്രഹ്മജ് സാന്നുറീസൂത്രത്തിന്റെ ഭാഷ്യം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പില് അവിടെ ഒരു പൂർവോക്ഷം ആ പൂർവക്ഷത്തിന് അവിടെ മരോട് പറയുന്നു ഏതാവാൻ അത്ര അർത്ഥ സംക്ഷേപ എന്ന് പറയുന്ന അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയാണ് കഥാന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പിൽ വരുന്ന ഭാമതി അവിടെ എന്താ പറഞ്ഞത് വ്യത്യവിജസ്വാധ്യായ അധ്യയന വിധന സ്വാധ്യായ പദ്യസ് വേദരാശ് ഫലവദ കർമ്മവിധി നിഷേധാനാമ വേദാന്താനം അഭിസ്വാധ്യായ ശബ്ദവാഖ്യാനം അവബോധം ഈ പറയുന്ന ഇതാണ് സ്വാധ്യായോ അധ്യയവ്യന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് പൂർവകാന്ഡവും പ്രമാണമാണ് വേദത്തില ഉത്തരകാന്ഡവും പ്രമാണമാണ് അവിടെയും ഫലവത് അർത്ഥത്തെക്കുറിച്ച് പറയുന്നു ഇവിടെയും ഫലവത് അർത്ഥത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ പറഞ്ഞു ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ് ഒരു ഫലമുണ്ട് ഒരു വിഷയവും ഉണ്ട് ഇവിടെ എന്താണ് ഫലം വിജാസയില് ഫലം എന്താണ് മോശം ഫലമാണ് എന്നാലും ഇവിടെത്തെ ഫലം എന്താണ് വിചാരത്തിന്റെ ഫലം ജ്ഞാനം പിന്നെ ഇവിടെ ഒരു വിഷയവും ഉണ്ട് എന്താണ് ബ്രഹ്മം ഇപ്പൊ ഇത് രണ്ടടത്തും ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത് പൂർവകാന്ഡത്തിൽ എന്താണ് അവിടെയുണ്ട് വിഷയങ്ങളും ഉണ്ട് ബലമുണ്ട് യാഥാരി വിഷയങ്ങളും കൊണ്ട് ഫലമായ സ്വർഗമുണ്ട് പൂർവകാന്ഡം അപ്പൊ പൂർവ്വകാന്ഡം എങ്ങനെയാണോ അപ്പോ അദ്വൈതികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്വൈതി പറയുന്നത് എന്താണ് കർമ്മം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല മോക്ഷം എന്തുകൊണ്ട് കിട്ടത്തുള്ളൂ പക്ഷെ വേദം എന്ന് പറയുന്നത് പൂർവകാന്ഡവും ഉത്തരകാണ്ഡവും ചേർന്നാണ് ഇപ്പൊ പൂർവകാണ്ഡത്തിൽ പറയുന്നത് കർമ്മവും അതിന്റെ ഫലത്തെയും ഉത്തരകാണ്ഡത്തിൽ പറയുന്നത് ജ്ഞാനവും അതിന്റെ ഫലത്തെയും കർമ്മം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല അത് ശരിയാണ് പൂർവകണ്ഡത്തിൽ പറയുന്നത് കർമ്മവും അതിന്റെ ഫലത്തെ കുറിച്ചു പക്ഷേ അദ്വൈതി സമ്മതിക്കുന്ന കാര്യം എന്താണ് പൂർവകാന്ഡവും പ്രമാണമാണ് പ്രധാനപ്പെട്ട കാര്യം വേദത്തിലെ പൂർവ്വകാന്ഡം പ്രമാണമാണ് എന്തുകൊണ്ട് അതിൽ നിന്ന് പ്രമേയം ഉണ്ടാകും അതിൽ നിന്നാണ് കർമ്മത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് പ്രമേയാണ് മനസ്സിലായ പിന്നെ അത് പ്രമാണമാണ് അതിൽ നിന്ന് എന്താണ് ബ്രഹ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അതിൽ അറിവുണ്ടാകും രണ്ടും പ്രമാണമാണ് രണ്ടും എന്തുകൊണ്ട് പ്രമാണമാകുന്നു സ്വാധ്യായോ അധ്വേതവ്യാന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ പൂർവകാന്ഡത്തിലെ കർമ്മങ്ങളെ ത്യജിക്കണം അതാണ് സന്യാസി അദ്വീതി പറഞ്ഞാസം എന്ന് പറയുന്നത് എന്തിനാണ് പൂർവകാന്ഡത്തിലെ കർമ്മകാന്ഡത്തെ ത്യജിക്കുന്നതാണ് സന്യാസി അതാണ് ശിഖ യജ്ഞോ അപേതം ഇതെന്ന ഉപേക്ഷിക്കുന്നത് കാരണം അതിരുന്ന എന്തു ചെയ്യും ക്രമത്തിന്റെ അധികാര ചിഹ്നങ്ങളാണ് അയാൾക്ക് കർമ്മം ചെയ്യാം അപ്പോ ആ അധികാര ചിഹ്നങ്ങളെ തന്നെ ത്യജിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉം ഈ തലമുണ്ടനം ചെയ്യുന്ന സന്യാസത്തിൽ പ്രധാനമായിട്ടും ഈ വൈദിക പരമ്പര അനുസരിച്ച് ചെയ്യുന്നത് ഇതൊക്കെ വൈദിക പരമ്പര അനുസരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഫാഷനായിട്ട് ചെയ്യുന്നതല്ല പഴയകാലത്ത് ഈ സന്യാസി തലമു മുണ്ടനം ചെയ്തത് ശിഖയും യജ്ഞോകവും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനുവേണ്ടിട്ടാണ് ചെയ്തത് അപ്പോ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു കർമ്മത്തെയും ഉപേക്ഷിക്കും അപ്പോ ശിഖ വയ്ക്കാൻ അധികാരമില്ലാത്തവന് ശിഖ കടയാൻ വേണ്ടി മുട്ടയടിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഒരാവശ്യമുണ്ട് അമനാളി ശങ്കരാജയായിട്ട് പറഞ്ഞെന്താണ് ബ്രാഹ്മണൻ മാത്രം സന്യസിച്ചാൽ മതി വേറെ ആരും സന്യസിക്കേണ്ട കാര്യം ഇല്ല പിന്നെ പിൽക്കാലത്ത് വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ത്രൈവർണ്ണികന്മാർ ബ്രാഹ്മണൻ ഒഴികെയുള്ളവരും സന്യസിച്ച് ശൂദ്രനും സന്യസിച്ച് എല്ലാവരും സന്യസിച്ചും പിന്നെ ആൾക്കാരെന്ത് ചെയ്തു മറ്റേ ബ്രാഹ്മണൻ ചെയ്തതുപോലെ അവരെ അനുകരിച്ചിട്ട് എന്ത് ചെയ്തു സ്ഥലം പിന്നെ അതൊരു പാഷനായി ഇത്രയേ ഉള്ളൂ ണിച്ചു കൂട്ടുന്ന മുഴുവൻ എന്താണ് അബദ്ധങ്ങളാണ് ഒരു ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മനസിലാക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ വേണമെങ്കിൽ ഇതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ എന്താണ് എന്താണ് ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു സന്യാസിക്ക് സന്യാസമാണെന്നുള്ള ഒരു അടയാളം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഞാൻ സന്യാസിയാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് വേറെ ശാസ്ത്രീയമായ അർത്ഥമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ സന്യാസിയാണ് എന്നാൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തു ചെയ്യാം മുട്ടയടിക്കാം എന്നുള്ളത് ഇത് വേണമെങ്കിൽ പറയാം വേറെ ഒന്നുമില്ല പണ്ട് പറഞ്ഞ പ്രയോജനമൊന്നുമില്ല രണ്ടു ഒരുപോലെ പ്രമാണമാണ് അപ്പോ അവിടെ പറയുന്നു രണ്ടു ഒരുപോലെയാണ് പ്രമാണമാണെങ്കിൽ അടുത്ത തുടർന്ന് പറയുന്നു യദ്യബിജ വേദാന്തേബ്യ ചൈതന്യ ആനന്ദന കർത്തൃത്വ ഭോക്തൃത്വരഹിതോ ദുഷ്പ്രപഞ്ച അതാണ് ഇവിടെ പറഞ്ഞത് ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്ന ബ്രഹ്മം അതിനാണ് ഇവിടെ പറഞ്ഞത് കർത്തൃത്വഭോക്തൃത്വരഹിതമായ എന്ത് ആത്മാവ് അതാണ് അവിടെ സൂചിപ്പിക്കുന്ന അപ്പൊ ഈ കർത്തൃത്വഭോക്തൃത്വത്തോടു കൂടിയിരിക്കുന്ന അഹന്ത ആഹന്ത വിരോധിയാണ് എന്ത് ഉപനിഷത്ത് അതാണ് അനധ്യസ്ഥ അഹംപ്രത്യയത്തിന് ഉപനിഷത്ത് വിരോധ ചെയ്യുന്നു കാരണം എന്തു ചെയ്തു ഉപനിഷത്ത് ഇതിനെയൊക്കെ നിഷേധിക്കുന്നു അതിനോട് പറഞ്ഞിരിക്കുന്നത് കർത്തൃത്വ ഭക്തൃത്വരഹിത പ്രത്യേകാത്മാണു തഥാപി കർത്തൃത്വഭോക്തൃത്വ ദുഃഖശോകമോഹമയം ആത്മാനം അവഗാഹമാനേന അഹം പ്രത്യേന ഇതൊക്കെയാണ് അവിടെ പറയുന്നത് അവിടെ പറഞ്ഞുകൊണ്ട് അനധ്യസ്ഥ അഹംപ്രത്യകീ പറയുന്നത് സന്ദേഹ ബാധ വിരഹിതെ കുറിച്ച് ആർക്കും ഒരു സന്ദേഹവും ഇല്ല അഹം പ്രത്യയത്തെ കുറിച്ച് കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടിയ ഈ അഹം പ്രത്യയത്തെ കുറിച്ച് ലോകത്ത് മനുഷ്യർക്കാർക്കും ഒരു രംശയമില്ല പക്ഷെ ഇതിന് വിരുദ്ധ്യമാനാ വേദാന്ത ഇതിന് വിരോധമാണെന്ത് വേദാന്തം ഈ കാര്യമാണ് വീണ്ടും അവിടെ പറഞ്ഞത് എങ്ങനെ എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞ കാര്യമാണ് മനസ്സിലാ ഇവിടെ എന്തു പറഞ്ഞു കർത്തൃത്വ ഭക്തൃത്വ ദുഃഖശോക മോഹമയം ആത്മാനം അഹംപ്രന സന്ദേഹബാധ വിരഹിണ വിരുദ്ധമാന വേദാന്ത രണ്ടവിടെ പറഞ്ഞത് അനധ്യസ്ഥ അഹംപ്രത്യം അതിന് വിരോധിയാണെന്ത് വേദാന്തം ഈ വേദാന്തം മനസ്സിലായ ശരി വേദാന്തം നിത്യശുദ്ധാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നതെങ്കിലും ഈ വേദാന്തം സ്വാർത്ഥാത്യ പ്രചുത സ്വാർത്ഥരഹിതമായി ഉപചരിതാർത്ഥ ഗൌണമായി ജപമാത്ര ഉപയോഗിത കേവലം ജപത്തിനു വേണ്ടി ഉള്ളതായി അവിവക്ഷിത സ്വാർത്ഥ സ്വാർത്ഥത്തെ വിവക്ഷിക്കാത്തതാകാം മനസ്സിലായോ അങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നു അവർ പറഞ്ഞത് ശരിക്കും എന്താണ് വേദാന്തത്തിൽ ചൈതന്യഘരമായ ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നതെങ്കിലും അതേ വേദാന്തം തന്നെ എന്താണ് ഈ അഹംപ്രത്യത്തിന് വിരോധമായതുകൊണ്ട് അഹംപ്രത്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഹംപ്രത്യത്തിന് വിരോധമായതുകൊണ്ട് അത് എന്തൊക്കെയാകാം സ്വാർത്ഥം ഇല്ലാത്തതാകാം ഉപചരിതാർത്ഥമാകാം ജപമാത്ര ഉപയോഗിയാകാം എന്നുവെച്ചാൽ സ്വാർത്ഥം വിവക്ഷിക്കാത്തതാകാം ഇത് ഇങ്ങനെയൊക്കെ ആകുന്ന എന്തുകൊണ്ട് അങ്ങനെ ഇത് ദൂണമായ അർത്ഥമാണ് വേദാന്തം ജപത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വേദാന്തം എന്നൊക്കെ പറയാൻ എന്താ കാരണം എന്താ കാരണം ആണോ എന്താ കേട്ടോണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നു ഈ വേദാന്തം എന്ന് പറയുന്നത് സ്വാർത്ഥ ൌണാർത്ഥമാകാം ജപിക്കാനുള്ളതാകാം എന്തുകൊണ്ട് എന്നിവിടെ പറയാൻ എന്താ കാരണം ഞാൻ പറയുന്നവല്ല കേട്ടോണ്ടിരിക്കുന്നുണ്ടോ അല്ല മനസിലാക്കുന്നുണ്ടോ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി അറിയാമെന്നും നടിച്ച് അറിയാമോ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞതേയുള്ളു എന്താണ് കർത്തൃത്വഭോക്തൃത്വ ദുഃഖമോഹമയം ആത്മാനം അവഗാഹമാനേന അഹം പ്രത്യേന സന്ദേഹബാധ വിരയിണ വിരുദ്ധമാനാവേദ നിസ്സംശയമായും കർത്തൃത്വഭോക്തൃത്വികളോടുകൂടി അഹം പ്രത്യേകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വിരുദ്ധമായൊരു കാര്യമാണ് ഉപനിഷത്ത് പറയുന്നത് എന്ത് പറയുന്നു ഉപനിഷത്ത് അതിന് വിരുദ്ധമായിട്ട് ചൈതന്യാനന്ദനമാണ് ആത്മാവ് അങ്ങനെ വരുമ്പോ നമ്മുടെ അനുഭവത്തിൽ എന്താണ് അനുഭവത്തിൽ എന്താ കർത്തൃത്വഭോക്തൃത്വിയോടുകൂടി അഹം പ്രത്യേകമാണ് അഹംബോധമാണ് അനുഭവം ഉപനിഷത്ത് എന്താ പറയുന്നത് ചൈതന്യാനന്ദനം അപ്പൊ സ്വ അനുഭവത്തിന്റെ വിരോധമായി എന്ത് ഉപനിഷത്ത് അപ്പൊ ഉപനിഷത്ത് എന്റെ അർത്ഥം എന്താവും ഉപനിഷത്തിന്റെ അർത്ഥം എന്താവും അത് ഗൗണമാകും അതിനർത്ഥമില്ലാതെ വരാം അല്ലെങ്കിൽ വിനിഷത്ത് ജപിക്കാൻ വേണ്ടി മാത്രമുള്ളതായോ അപേക്ഷിത സ്വർത്ത മനസ്സിലായോ എന്തോന്ന് മനസിലായി ഇത് മനസ്സിലായാലേ അവിടെ പറയുന്ന മനസിലാകത്തുള്ളൂ എന്താണ് അനുഭവത്തിന് വിരുദ്ധമായത് കൊണ്ട് വേദാന്തം എന്ന് പറഞ്ഞു പക്ഷെ വേദാന്തം ഉപനിഷത്ത് പ്രമാണമാണ് വേദാന്തം പ്രമാണമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് വേദാന്തം പ്രമാണമാണ് അതുകൊണ്ടാണ് പ്രമാണത് എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് ഒരു ബോധമില്ല സ്വാധ്യായോ അധ്യേതവ്യോ എന്ന് വേദം വിധിച്ചിരിക്കുന്നു സുസ്വശാഖകൾ അധ്യയനം ചെയ്യണം ആ വിധിയിലൂടെ എന്താണ് വേദാന്തം പ്രമാണമാണെന്ന് അറിയണം അപ്പൊ ഏതുപോലെ വേദാന്തം ഏതുപോലെയാണ് പ്രമാണമാകുന്നത് കർമ്മകാണ്ഡം പോലെ അതന്നെ ഇപ്പൊ പറഞ്ഞത് കർമ്മകാണ്ഡം എങ്ങനെയാണോ പ്രമാണമാകുന്നത് അതുപോലെ വേദാന്തവും പ്രമാണമാകുന്നു എന്തുകൊണ്ടിതെല്ലാം കൂടെ ചേർത്താണ് വിധിച്ചെങ്ങനെ ഇപ്പം എല്ലാം പ്രമാണം പൂർവ്വകാന്ഡം ഉത്തരകാണ്ഡം ഉത്തരകാന്ഡമായ ഉപനിഷത്തിൽ പറയുന്നത് ചൈതന്യാനന്ദഘനമായ ആത്മാവിനെ കുറിച്ചാണ് പക്ഷെ അത് നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണ് കാരണം നമ്മളറിയുന്നത് കർത്തൃത്വഭോക്തൃത്വാദികളോടുകൂടിയ പക്ഷെ വേദാന്തം പ്രമാണമാണ് എന്തുകൊണ്ട് പ്രമാണമാണ് സ്വാദ്ധ്യോ ധേതവിയോ എന്ന് വിധിച്ചിരിക്കുന്നതുകൊണ്ട് പ്രമാണമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ചൈതന്യാനന്ദതമായ ആർമാണെന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണ് നമ്മുടെ അനുഭവം എന്താണ് അപ്പോൾ പിന്നെ ഈ വേദാന്തങ്ങൾ പ്രമാണമായ വേദാന്തങ്ങൾ അതെന്തിനു വേണ്ടിയുള്ളത് എന്ന് ചോദ്യം തരും അപ്പോൾ അതിനാണ് ഇവിടെ പറഞ്ഞത് ഒന്നുകിലെന്തായിരിക്കും അവിവക്ഷിത സ്വ ഈ അർത്ഥമൊന്നും അവിടെ വിവക്ഷിക്കുന്നില്ല വേദാർത്ഥം ആനന്ദകാലം പിന്നെ അല്ലെങ്കിൽ എന്തുവരും അത് ഗൌണാർത്ഥമായി അല്ലെങ്കിൽ പിന്നെ എന്തുവരാം ജപം മാത്രം ഉപയോഗിക്കൂ ജപത്തിനുവേണ്ടിയാണ് ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ജിജ്ഞാസ എന്ന് പറയുന്ന നമ്മുടെ വിഷയവും പ്രയോജനവും ഉണ്ട് എന്താണ് വിഷയം പ്രയോജനവും ബ്രഹ്മവും ബ്രഹ്മ എന്ന് വെച്ചാൽ ചൈതന്യാനന്ദഹനമായ അപ്പൊ അതിനെ സ്വീകരിച്ചേ മതിയാവും മനസിലായോ അല്ല പറയുന്നത് പ്രമാണമായിരിക്കുന്നത് എന്തിനാണ് ഇവിടെ പറഞ്ഞു ഇവിടെ പറയുന്നു അനധ്യസ്ഥാപ്ര വിരോധേന വേദാന്താനം വിധേയത്തി പ്രാമാണ്യനുപത്തി ഹേ അപ്പൊ വേദാന്തം പ്രമാണമായിരിക്കുന്നത് എന്തിനാണ് അനധ്യസ്ഥമായ അം പ്രത്യയത്തിനാണ് പ്രമാണം അധ്യസ്ഥമായ അമ്പ്രത്യത്തിന് വിരോധമാണ് എന്ന് പറയുമ്പോ അനധ്യസ്ഥ അഹം വിരോധമായി അനധ്യസ്ഥമായ അഹം പ്രത്യയത്തിന് വേദാന്തം എന്ന് വെച്ച ഈ പറഞ്ഞ കർത്തൃത്വഭോക്തൃത്വോടുകൂടി അതിന് വിരോധിയായി വേദാന്തം അതിന് ഏം വിധേയർത്ഥേ പ്രാമാണി അനുഭവത്തി അത് വേദാന്തം ഏതിന് പ്രമാണമല്ലേ പ്രമാണം അല്ല ബാക്കി നേരത്തെ പറഞ്ഞ് കുറയണം പിന്നെ ഇങ്ങനെ ഒരു അർത്ഥത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഏതാണ് നേരത്തെ പറഞ്ഞ അനന്ത ഘനമായ ആ അർത്ഥത്തെ സ്വീകരിച്ചില്ലെങ്കിൽ വേദാന്തം പ്രമാണം തന്നെയാണ് പക്ഷെ അതെന്താകും കർമ്മപ്രവൃത്തി ഉപയോഗിതയ ഉപചരിതാർത്ഥാനോ അത് കർമ്മത്തിന് സഹായിക്കുന്ന ഗൌണാർത്ഥങ്ങളായിരിക്കും വേദാന്തം മനസ്സിലായോ ഈ പറഞ്ഞ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതിലൂടെ ബ്രഹ്മവും ജ്ഞാനവുമാണ് ഇതിന്റെ പ്രയോജനം എന്നുള്ള കാര്യം സ്വീകരിക്കാതിരുന്നുകഴിഞ്ഞാൽ ഈ വേദാന്തങ്ങളൊക്കെ എന്താവും കർമ്മപ്രവൃത്തി ഉപയോഗിതയോ ഉപചരിതാർത്ഥമാകും അല്ലെങ്കിൽ ജപ ഉപയോഗിനാമ്പ ഹും ഇത്യവമാദീനാം അവിവക്ഷിത സ്വാർത്ഥാനാം അപ്പം എന്തുവരുന്നു ഹുംഭട്ട് തുടങ്ങിയ ശബ്ദങ്ങളുണ്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതെല്ലാം അവിവക്ഷിത സ്വാർത്ഥം അതെന്ത് അതുവേണ്ടിയിട്ടാകും ജപ ഉപയോഗിയാകും കേവലം ജപിക്കുന്നതിന് വേണ്ടി കർമ്മകാണ്ഡത്തിന്റെ ഭാഗമായി ജപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാകും ഏത് ഉത്തരകണ്ഡം ഉപനിഷത്തുകൾ എന്നുവെച്ചാൽ ഉപനിഷത്തുകൾക്ക് അപ്പോൾ ഒരു പ്രയോജനമുണ്ട് ഈ അർത്ഥത്തെ എടുത്തില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഉപനിഷത്തുകൾക്ക് അങ്ങനെ ഒരു പ്രയോജനം വരുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്ന മുഖ്യമായ അർത്ഥം ആനന്ദ ബ്രഹ്മം അതിനെ സ്വീകരിച്ചില്ലെങ്കിലും അത് ഒന്നുകിൽ അത് ഗുണാർത്ഥമാകും കർമ്മത്തിൻ്റെ പ്രവൃത്തിക്ക് ഉപകരിക്കുന്ന ഗുണം അല്ലെങ്കിൽ ഹുംഭട്ട് പോലെ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ അത് ജപിക്കുന്നതിന് വേണ്ടിയാകാം എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വാധ്യായ അധ്യയന വിധി അധീനഗ്രഹണത്വത്തെ സംഭവമാണ് കാരണം സ്വാധ്യായോ അധൈതവ്യാന്ന് പറയുന്ന വിധി കൊണ്ട് പൂർവ്വകാന്ഡത്തെ മാത്രമല്ല എടുക്കുന്നു പിന്നെ ഉത്തരകാണ്ഡത്തെയും എടുക്കുന്നു അപ്പൊ ഉത്തരകാണ്ഡത്തെ എടുത്താൽ അതുകൊണ്ടെന്താ വിശേഷത സ്വാധ്യായോ അധ്യേതവ്യാന്നുള്ള വിധിയിലൂടെ ഉത്തരകാണ്ഡത്തെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത അതുകൊണ്ട് എന്താ പ്രത്യേകത സ്വദേയോ അധ്യേതയോ എന്ന് പറയുന്നതുകൊണ്ട് പൂർവ്വകാന്തത്തെ ജനിക്കുന്നവരും ഉത്തരവാണ്ടത്തെയും തിരിച്ചെന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് അതും പ്രമാണമാവും പ്രമാണമായി കഴിഞ്ഞാൽ എന്തിനും പ്രമാണം അവിടെ പറയുന്ന അർത്ഥത്തെ എടുക്കാൻ പറ്റത്തില്ല ഏത് നിത്യശുദ്ധബുദ്ധമായ ആത്മാവിനെ എടുക്കാൻ പറ്റില്ല എന്തായാലും അതാണ് ഉപനഷത്തിൽ പറയുന്നത് എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല അനുഭവത്തിന് വിരുദ്ധമാണ് അപ്പൊ പിന്നെ ഇത് പ്രമാണമാണ് ഏത് മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉപയോഗം എന്താണ് ഒന്നുകിൽ ജപത്തിന് അല്ലെങ്കിൽ ഗൗണാർത്ഥമാണ് അങ്ങനെ എടുക്കണമെന്നർത്ഥം അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് എന്ത് സ്വീകരിക്കണം ബ്രഹ്മവും അതിൻ്റെ ജ്ഞാനവും അതിനെ സൂചിപ്പിക്കുന്നു ആ എന്താണോ എന്താണോ എടുക്കേണ്ടതാണ് എന്നർത്ഥം അത് എടുക്കണമെങ്കിൽ എന്ത് വേണം ഈ രണ്ടർത്ഥങ്ങൾ എടുക്കണം ബ്രഹ്മ ജിജ്ഞാസക്ക് പ്രാധാന്യം വരണം എന്നാലേ ബ്രഹ്മ ജിജ്ഞാസ ഈ രണ്ടർത്ഥങ്ങളെ സൂചിപ്പിക്കത്തും മനസിലായോ അപ്പോ ബ്രഹ്മ പ്രാധാന്യം വരണം വന്നുകഴിഞ്ഞാ എന്ത് ചെയ്യുന്നു അത് ബ്രഹ്മത്തെയും അതിൻ്റെ ജ്ഞാനത്തെയും സൂചിപ്പിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപനിഷത്ത് തന്നെ ഉപനിഷത്ത് പ്രമാണമാകുന്നതുകൊണ്ട് പ്രയോജനം വരുത്തുള്ളു ഉപനിഷത്ത് പ്രമാണമാകുന്നതിൻ്റെ പ്രയോജനം എന്താണ് ഇത്തരം ഒരു ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്തോരം ഉപനിഷത്ത് പ്രമാണമായതുകൊണ്ട് പറയേണ്ടി വരും അത് ജപിക്കാനുള്ളതാണെന്ന് പറയേണ്ടി വരും അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതേ ശബ്ദമെന്ന് പറയുന്നത് ജിജ്ഞാസയോട് വേണം അന്വയിക്കേണ്ടത് ബ്രഹ്മ ജിജ്ഞാസയോടെ പ്രധാനം അത് ബ്രഹ്മത്തെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഇതിങ്ങനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉപനിഷത്ത് പ്രമാണമാണെങ്കിലും ആ ഉപനിഷത്ത് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം ഉപുനിഷത്ത് ബോധിപ്പിക്കുന്ന ബ്രഹ്മം അനുഭവത്തിന് വിരുദ്ധമാണ് അപ്പം പിന്നെ ഉപുനിഷത്ത് പ്രമാണമായ എന്താ ഗുണം അത് ജപത്തിനു വേണ്ടിയുള്ളതാണെന്ന് പറയേണ്ടി വരും ഇങ്ങനെ പല തകരാറുകളിലൂടെ വരുമെന്നാണ് ആര് പറയുന്നത് ഊർവക്ഷിയല്ല ഭാഗതികൾ